അധ്യായം ഇരുപത്തി അഞ്ച് യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രയേൽ മക്കളോട് പറക നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്കുവേണ്ടി വഴിപാട് വാങ്ങണം അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുപൊറ്റന്തോൽ തഹശുതോൽ ഖതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗം യഫോദിനും മാർപതക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല് രത്നങ്ങൾ എന്നിവ തന്നെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കണം അതിന് രണ്ടര മുളം നീളവും ഒന്നര മുളം വീതിയും ഒന്നര മുളം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിന്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം അതിന് ൊൻവളയം വാർപ്പിച്ച് നാലു കാലിലും ഇപ്പുറത്ത് രണ്ട് അപ്പുറത്ത് രണ്ടുവളയവുമായി തറയ്ക്കേണം ഖതിരമരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തേണം തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം അവയെ അതിൽ നിന്ന് ഊരരുത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം തങ്കം കൊണ്ട് കൃപാസനം അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പൊന്നുകൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അടിപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം ഒരു കരൂപിനെ ഒരറ്റത്തും മറ്റേ കരൂപിനെ മറ്റേയറ്റത്തും ഉണ്ടാക്കണം കെരൂപുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം കെരൂപുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം കൃപാസനത്തെ പെട്ടകത്തിൻമീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യ പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കെരൂപുകളുടെ നടുവിൽ നിന്നും ഇസ്രയേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളിച്ചു ഖതിരമരം കൊണ്ട് ഒരു മേശ അതിന്റെ നീളം രണ്ടു മുഴവും വീതി ഒരു മുഴവും ഉയരം ഒന്നര മുഴവും ആയിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം ചുറ്റും അതിന് നാലുവിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം ൊൻവളയം ഉണ്ടാക്കണം വളയം നാലു കാലിന്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം മേശ ചുമക്കേണ്ടതിന് തണ്ടു ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ ഖതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവ കൊണ്ട് മേശ ചുമക്കണം അതിന്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം മേശമേൽ നിത്യം കാഴ്ചയപ്പം എന്റെ മുമ്പാകെ വെക്കണം തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിപ്പുപണിയായിരിക്കണം അതിന്റെ ചുവടും തണ്ടും പുഷ്പ പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിന്റെ മൂന്ന് ശാഖ ഒരു വശത്തുനിന്നും നിലവിളക്കിന്റെ മൂന്ന് ശാഖ മറ്റേ വശത്തുനിന്നും ഇങ്ങനെ ആറ് ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ പുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറു ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്കുതണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പപുടം ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ടു ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റ് രണ്ടു ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റു രണ്ടു ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറു ശാഖയ്ക്കും വേണം അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പുപണി ആയിരിക്കണം അതിന് ഏഴ് ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം അതും ഈ ഉപകരണങ്ങൾ ഒക്കെയും ഒരു താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കേണം പർവ്വതത്തിൽ വച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ